അളവറ്റ അരുളും നികരറ്റ അൻപടയുമാകിയ അല്ലാഹുവരായി മനുഷ്യ വിസാരണയാണ് നെരുമ്പിക്കൊണ്ടേ അവരെ പുറക്കണിത്ത് പരാമുഖമാക്കി അവനവൂട്ടുതൽ വരും അവർ വിളയാടിയവടുക്കേ തവര വേറില്ല അവരുടെ ഹൃദയങ്ങൾ മറമ്മയ്ക്ക് പയറ്റവേ പറ്റിയേ എണ്ണിക്കൊണ്ടും ഇന്നും ഇത്തര അനുയായക്കാരൻ തമ്മിലേ രഹസ്യമാർ ഉണ്ടെ പോ മനുതരേ അൻ വേറില്ലേ അവരുടെ ശൂന്യത്തിൻ്റെ വാഹങ്ങളിലും ഭൂമിയും പേശപ്പെടും എല്ലാം നന്ദു അറിപവൻ അവൻ യാവട്ടെയും സെവിയേപ്പവനും അവർ കൂറിനു അപ്പടുകൾ കപ്പന കുഴമ്പി കൂടുവുമായി അനപ്പിട്ടതുപോലെ ഇവരും ഓരോ അത്താക്ഷിയെ നമ്മുടെ കൊണ്ട് വരട്ടും കൂടുതൽ ഇവർക്ക് മുൻ നാം അഴിത്തുവിട്ട എന്ത ഊരാരും ഈമാൻ കൊള്ളവില്ലേ അവർ ഇരുക്ക ഇവർ ഈമാൻ കൊള്ളവാരേ ഉമുക്ക് മുൻ മാണി അഞ്ചി വേറെ എവരെയും നമ്മുടെ തൂത അനുപില്ല അവ നാം വകി അറിയിത്തോളാവിട്ടാൽ നിലവടുത്തും വേദങ്ങൾ ഉടയോരിടം കേട്ട് കൊള്ളു നബിയേ അവർ കൂറും അഞ്ചിയും നാം അവണവരുന്താ ഉടലെ അമക്കില്ല നിരന്തരമായവർ അവൾക്കില്ല പിന്ന നം വാക്ക് അവോ അവർ കാപ്പാറ്റോ ആരമ്പ് മീറിയവളെ നാം അഴിത്തോ നാം ഉട്ടും നപോധനകളെ കൊണ്ടതാണ് വേദത്തെ ഉരുളിനോ ഇങ്ങൾ അറിഞ്ഞുകൊള്ള വേണ്ടാ അനുരായക്കാരൻ വാഴ്ന്ന ഊകൾ എത്തെയോ നാം അഴിത്തോ അതൊക്കെ പിന്ന അങ്ങ് വേറെ സമൂഹത്തെ ഉണ്ടാക്കി ആകെ അവ നാം അനുപ്പും വേദന വരുമ്പ ഉണർന്ന പോലും അവർ അങ്ങനെ വരുന്നോടല വരെയോടീത അനുഭവിതോഹങ്ങളും ഉള്ള വീടുകളും തുമ്പി വരുമ്പോൾ അവൈപ്പറ്റി കേൾവി കേ അവ അറിയിക്കപ്പെട്ടത് ഇതൊക്കെ അവർ എങ്ങൾ കേടേ നിശ്ചയമാനുയായക്കാരോണ്ടി കൂറിനാ അറുപടുകൾ എറിന് അഴിവാപോൺ അവരെ നാം ആക്കും വരെ അവരുടെ ഇക്കൂപ്പാട് ഓയവില്ല അവപ്പവറ്റും വിളയാക്കാൻ നിലയിൽ നാം പഠിക്കാട്ട് ഇതെ അവ നാം ചെയ്തോ മായും നമ്മുടെ ഉള്ള തക്കവറ്റിൽ ഇരുന്ന് എടുത്തക്കൊണ്ടിരിക്കോ അവസ്യത്തിന് മീത് വീസുകോ അതാ സത്യം അസത്യത്തിൻ്റെ സിരസൈ സിതറിച്ചു വിടുക പിന്നർ അസത്യം അഴിന്തേ പോയി വിടുന്നത് ആകെ നിങ്ങൾ കപ്പനയായി എട്ട് കട്ടി വർണ്ണിപ്പതെല്ലാം ഉണ്ടു കേടുതാം വാനങ്ങളിലും ഭൂമിയും ഉള്ളോരെല്ലാം അവനുക്കേ ഉോരാവൻ സന്നിധിയും അലക്കുകളും അവനെ വണങ്ങാതെ പെരുമേ കൊള്ളവോ വണക്കത്തിൽ സോർവടയവോ മാറ്റി ഇണൈവിടമ ഇരവിലും പകലിലും അവനെ പുതിയ കൊണ്ടേക്കുക ഭൂമിയുള്ളവറ്റിലും ഇവർ ദൈവങ്ങളെ എടുത്തേ അവയർ കൊടുത്ത് എഴുപ്പമാകിയ ദൈവങ്ങൾ നിശ്ചയമാണിന്തേ പോയിരുടെ ഇളവനാം അല്ലാ അവർ വർണ്ണിപ്പിക്കും ഇത്തര തന്മകളിലിരുന്ന് മികവും തൂമയാനവൻ അവൻ ചെയ്ത് എവും അവനെ കേട്ട മുടാ ആണോ അവർ ചെയ്യും പറ്റി കേൾക്കപ്പെടുവീ അല്ല അല്ലാതെ ദൈവങ്ങളെ എടുത്തേ അങ്ങനെ അത്താക്ഷിയെ കൊണ്ടുവാറുകവേദനേ കൂറും ആനാ അവർ പെരുമാറോ സത്യത്തെ അറിഞ്ഞുകൊള്ളില്ല ആകെ അവർ അതേ പുറക്കണിക്കുന്ന നിശ്ചയമായ വണക്കത്തുറിയ നായൻ എന്നെ തവര വേറെ എവേ എന്നേ വണങ്ങുണ്ടെന്ന് നാം വഴി അറിയിക്കാമില്ല അവനക്കെ എടുത്തക്കൊണ്ടിരിക്കാൻ കൂടുതലോ മികവും തൂയവൻ അപ്പടിയല്ല അല്ലാഹുവൻ കുമാരുകൾ ഇവർ കൂടുവോർ എല്ലോ അല്ലാഹുവിൻ കണ്ണിയമിക്ക അടിയാറുകളേ ആവാര അവി പേശമാട്ടേ എതയും ചെയ്താൽ അവർക്ക് മുൻപ് അവപ്പവറ്റും അവൻ നന്ദിവാൻ പൊരുന്ത ഏറ്റക്കൊളകാനോ അത്ത അവർ പരിന്ന് പേശമാറ്റും അവൻപാൽ ഉള്ള അച്ചത്താൽ നടുമ്പോൾ ഇന്നും അവവരേനും അവൻ നന്ദി നിശ്ചയമാണും നായം താൻ കൂടുവാരേ ആണല്ല അത്ത നാം നരകത്തെയേ കൂലിയാ കൊടുപ്പോ ഇവറെ അനുയായക്കാരൂലി കൊടുക്കോ നിശ്ചയമാനങ്ങളും ഭൂമിയും മുതലിൽ ഇണന്തരുന്നവരെ നാമേ പ്രിത്തു അണപ്പോം എൻപതെയും ഉയർന്നുള്ള ഒന്നെയും നാം തന്നീരലിന് പടത്തോം എന്നതും കാവുകൾ പാർക്കില്ലയ ഇവറ്റ പാർക്കും അവർ നമ്പിക്കെ കൊള്ളവില്ലയു ൂമി മനുതായ നാം അതിൽ നിലയാണ് മലകളെ അമേ അവ നാം വിശാലമായ പാതകളെയും അന്നും വാനത്തെ നാം പാതുപ്പാ വിധാന അമേ എും അവർ അവറ്റിൽ ഉള്ള അക്കാക്ഷികളെ പുറക്കണിത്ത് വിടുക അവനെ ഇറവയും പകലെയും സൂര്യനെയും സന്ദ്രനെയും പഠിക്കാൻ ഇവിയെ ഉമുക്ക് മുൻ എന്തും അവൻ എങ്കിലും നിത്യം കൊടുക്കില്ല ആകരേ മറിത്താൽ അവർ മറ്റും എന്തെങ്കിലും വാഴപ്പോകോർ ആത്മാവും മരണത്തെ സുവപ്പതാവേക്കാൻ കെടുവിയും നന്മയെയും കൊണ്ട് നാം ഉണ്ടെിക്കോ പിന്നെ നമ്മുടെ മീഡീ ഇന്നും നബിയേ കാണാ ഉപ്പറ്റി കുറെ ഇവർ തങ്ങൾക്ക് പരിഹാസം ചെയ്യാമെല്ലാം അതും അവരും അതെ നിരാകരിക്കസരക്കാരനാ പഠിക്കപ്പെട്ട വരെയ വേദനക്കാൻ അട്ടാക്ഷികളെ ഉണ്ടു കാണിപ്പേ ആകെ അവസരപ്പെടാൻ ആണോ ഉമയക്കാൻ വാക്ക് എപ്പോഴും നെവേറ്റപ്പെടും അവർ കേൾക്കാൻ തം മുഖങ്ങളെ വിട്ടും തം മുതുകൊള്ള മുടിയും എവരാളും ഉദവി ചെയ്യപ്പെടാൻ കള നേരത്തെ കാബിൾ അറിഞ്ഞകൊള്ളവാനാൽ ഇറതി നേരം പറ്റി കേട്ട് കൊണ്ടുക്കല്ല അത് അവം ദ വന്ന് അവരെ കട്ടിയും അതെ തടുത്തക്കൊള്ള അവ അവിതും അവകാശം കൊടുക്കപ്പെടാതെ ഇന്നും നബിയേ നിശ്ചയമാവ് പരിഹസിക്കപ്പെട്ട അവർ പരീഹാസം ചെയ്തു കൊണ്ടിരുന്ന വേദനയാണ് അവർ സൂതു കൊണ്ടു ഉണ്ടായി ഇരവിലും പകലിലും അറഹ്മാൻ ഉടൻ വേദനയിലിന് പാതുക്കൂടിയേ കേളും ആനാ അവൾ തങ്ങൾ റബ്ബൈ നിലപ്പതയെ പുറക്കണിപ്പ് അല്ലെങ്കിൽ അവർ വിട്ടും വേദനയെ വിളക്കൂടി അവ നമ്മും വേറെ എവരാളും കാക്കവുകളും അല്ല ഇവയും ഇവരുടെ മൂതാദയരെയും അവർ ആയുക്കാലം വളർന്നോങ്ങും വരെ സുഖങ്ങളെ അനുഭവിക്കും നാം ഇവം ഉള്ള ഭൂമിയെ അതുകൊണ്ട് കുറേ കൊണ്ട് വരുമ്പോൾ എന്തെ ഇവർ കാണിയാ ഇവകളാ മികവ് നിശ്ചയമാങ്ങൾക്ക് എച്ചരിക്കാം വഹി മൂലം എനക്ക് അറിവിക്കപ്പെട്ടതെ കൊണ്ടേതാണ് നബിയേ നീർ കൂറും എനും ചെവിഡ് അച്ചമൂട്ടി എച്ച പോൽവഴി വെറും അഴപ്പടുക്ക മാറ്റി ഉമ്മടിയുള്ള വേദനയിലി ഒരു മൂച്ചു അവർ തീണ്ടുമാണാലും എങ്ങനെ കേടുതാൻ തെറ്റി അനിയായക്കാരെന്തോ നിശ്ചയം കൂടി കതരുവാര തരാശു കളയേ നാം വയ്പ്പോ എന്ത ഓർ ആത്മാവും സിതും അനിയായം ചെയ്യപ്പെടാതെ നന്മ തീമയിൽ ഒരു കടുക് അളവ് ഇടയിരുപ്പിനും അവരെ നാം കണക്കാക്കോ അവക്കെടുക്ക നാമേ പോകും ഇന്നും നാം മൂസാ അറിയിക്കും അത് ഭയപറ്റി ഉടയവർക്കു ഓർ ഒളിയും നിലവൂട്ടു ബോധമാവും അഞ്ചുവലയെ കുറിച്ച് ഭയങ്കര നാം അരുൾ ചെയ്താൽ മിക്ക പുനിതമായ ഉപദേശമാകും ഇന്നും നാംരേ ഇബ്രാഹിമുക്ക് അവർക്ക് തകർന്ന നൽമയാന വഴിയെ സാടുത്തോ അവരുടെ തന്മയെ നാം നനു അറിഞ്ഞിട്ടോ അവർ തം തന്നയം തം സമൂഹത്താരിടമും നിങ്ങൾ വഴിപടും ഇന്ന ഉരുവങ്ങൾ എന്നോ അവ യെ വണങ്ങിക്കൊണ്ടതായിോ അവർ നിശ്ചയങ്ങളും മൂതാദയം ബഹിരംഗമായ വഴി വീട്ടിൽ താൻ ഇരുന്ന് വരുക അവർ എങ്ങളുടെ ഉമ്മയെ കൊണ്ടുവന്നീരാടുപിൽ ഒരുവരായിട്ട് അപ്പടിയല്ല ഉടപ്പു വാനങ്ങളും ഭൂമി റപ്പാവാണ് നിശ്ചയമാ പഠിക്കവൻ സാക്ഷിയും കൂടുപവൽ നാനും ഒരുവനായി ഇബ്രാഹിം കൂറിനാ ഇന്നും പിന്നെ അല്ലാഹുവിലൊരു സരി ചെയ്ത അവർ അവ എല്ലാവരും അവർ അതൻപാൽ തുമ്പ വിട്ടു എങ്ങൾ ദൈവങ്ങൾക്ക് ഇവർ തീങ്കി ചെയ്ത നിശ്ചയമാറ്റി അവതൂറുകൾ അവരുടെ ഇബ്രാഹിം കൂടുതൽ അപ്പടിയാൽ അവരെ മക്കൾ കൺമുന്നേ കൊണ്ടു വരുമ്പോൾ അവർ സാക്ഷ്യം കൂറും പൊരുട്ട് ഇബ്രാഹിമേ എൻ്റെ ദൈവങ്ങളെ ഇവർ ചെയ്താമോ അവർ വന്നതും കേട്ടു അവർ അപ്പടിയല്ല ഇവർ ഇതോ ഇവസക്കൂടിയവയായി ഇവറ്റയേ കേളുങ്ങൾ കൂറിനു ബതിൽ പോലെ അവർ തരം ഒരുവർക്ക് ഒരു നിശ്ചയമാവെ ദൈവങ്ങളാ നമ്പി അനിയായം ചെയ്തുവിട്ടുപേശിക്കൊണ്ടുകൾ അവമാനത്തുടൻ തങ്ങൾ കലൈകളെ തൊങ്കപ്പോൾ ചെയ്യപ്പെട്ട ഇവ മാറ്റാൻ നിശ്ചയമാറവീറേ അപ്പടിയാണ് അല്ലാഹുവേ അൻപി ഉപ്പൊരുളും നന്മ ചെയ്യ മുതയും ഉണ്ടു തീമും ചെയ്യ മുടിയാണോ വളർന്നിട്ടുണ്ടോ ചീ ചി ഉൾ വണങ്ങും അല്ലാ അല്ലാതവർക്കും കേടുതാണ് അവ എ ദൈവങ്ങൾക്ക് ഉദവി ചെയ്യുണ്ടായി ഇബ്രാഹീം തീക്കിംഗ് എറിയപ്പെട്ടവൻ നെരുപ്പേ ഇബ്രാഹീം മീത്യകുഖം അളിക്കൂടിയും ആകിവിടു നാം കൂറിനോം അവർ അവരി ചെയ്യാടി േ നഷ്ടവളികളായി ആക്കോ ഇരെയും അവരുടെ സഹോദര മകൻ അഖിലത്താരുക്കെല്ലാം ഭൂമിയാ നാം ആക്കിയുള്ള ബൈക്കുൾ മുഖത്ത ഈടേറ്റം പെരച്ചോ ഇന്നും നാം അവ നനകൊയ അളിപ്പോ ഇവർ ഒരെയും സാലികളാണ് നല്ല അടിയാറുകൾ ആക്കിനോ നേർവഴിക ഇമുകളോ നുമാറും കൊടു വലം അറിയിത്തോ അവ നമ്മയേ വണങ്ങുപ്രും നാം അവ അരുവരുപ്പ് കൊണ്ടുപോകുന്നവരും അവരെ നാം കാപ്പാറ്റിനോ നിശ്ചയാന നല്ലടിയുള്ളവരായി ഇന്നും അവർ മുൻ പ്രാർത്ഥിച്ച പോലും അവരുടെ അവരുടെ പ്രാർത്ഥനയെ ഏറ്റവും ബതിൽ കൂറിനോ അവരെയും അവരുടെ കുടുംബത്താരെയും മികപ്പുൺലേറ്റിനോ ഇന്നും നമ്മുടെ അട്ടാക്ഷികളെപ്പിക്കപ്പെട്ടേ അവിടെ നിശ്ചയമാരായി അവർ അനവരെയും മോഹടി പറ്റി നെവ് കൂർവീകേ നിലത്തിൽ അവരുടെ സമൂഹത്താറു ആരവൽ ഇറങ്ങി നെയ്ത പോവും തീർപ്പ് ചെയ്തോള അവരുടെ തീർപ്പായി നാം കവനോ അപ്പോൾ നാം തീർപ്പിന്യായ വിളകളും കൽവിയെയും കൊടുത്തോ ഇന്നും നാം ദാവൂതു മലകളെയും പറവുകളെയും വശപ്പെടുത്തി കൊടുത്തോ അവർ ദാവൂതുടൻ തസ്ബീസ് ചെയ്തു കൊണ്ടിരുന്ന ഇവയെല്ലാം നാമേ ചെയോ ഇന്നും നാം അവ കൊടുത്തെല്ലാം നന്ദി ഇന്നുംമാനുക്ക് കടുമയ വീസും കാറ്റെയും നാം വശപ്പെടുത്തി അത് അവരുടെ ഏവലിൻപടി നാം എന്തെങ്കിലും മുതലോമോ അത് ഭൂമിക്കും അവരെ എടുത്തു ചെന്നത് ഇവ ഒവ്ളെയും പറ്റി നാം അറിവേക്കോടിയവർ വശപ്പെടുത്തി അതിന് നാമേ അവർ ഇന്നും അയ്യോ നിശ്ചയം തീണ്ടിയിരിക്കും ഇവനെ കൃവൈ ചെയ്വനാ പ്രാർത്ഥിച്ച പോലും നാം അവരുടെ പ്രാർത്ഥനയെ ഏറ്റോ അവർക്കിവിട്ടോ അവരുടെ കുടുംബത്തെയും അവർക്ക് കുടുംബമാരുവെയാൽ ആപിദീന വണങ്ങുപ്രനെട്ടും ഇന്നും ഇസ്മായിലയും അവ നം കണ്ടോ നിള നല്ല നമ്മും നിലവുകൂർ സമൂഹത്തെ വരെ വിട്ടും കോപേറിയ പോ പാവികൾ സമൂഹത്തെ വിട്ടും വെളിയേറിവിട്ടപടിയാൽ അവരെ നാം നെടുക്കടിയ ആക്കമാട്ടോം എന്ന് എണ്ണിക്കൊണ്ടാർ ആനാ അവർ മീൻ വയറ്റിൻ ആൾക്കാർ ഉന്നെ തവിത മണക്കത്തുറിയ നായൻ യാരും ഇല്ലേ നീ മികവും തൂ്മയാനവൻ നിശ്ചയമാനിയായക്കാരുകളിൽ ഒരുവനായിട്ട് പ്രാർത്ഥിത്തേ നാം അവരുടെ പ്രാർത്ഥനയെ ഏറ്റക്കൊണ്ടോ അവരെ ദുഃഖത്തിലിതും വിടുവിത്തോം ഇവറേ മൂന്നിനെയും വിടുവിപ്പോ ഇന്നും ഒറ്റയായി വിട്ടുവിടാ മികവും മേലാവൻ പ്രാർത്ഥിച്ച പോയ കാട്ടോ അവരുക്കാ അവരുടെ മനവിയെ മലട്ടത്തലത്തെ നീക്കി സുഖപ്പെടുത്തി അവരുടെ യഹ്യാവയും നനകൊയ അളിപ്പോ നിശ്ചയമാവർ യാവും നന്മകൾ ചെയ്തിൽ വരെപവായി ഇന്നും അവർ നമ്മ ആശണ്ടും ഭയത്തോടും പ്രാർത്ഥിത്തേലും അവർ നമ്മുടെ ഉള്ളം കൊണ്ടവുകള ഇന്നും തം കപ്പൈ കാ മറയം എൻപവരെ പറ്റി നബിയേ നെവ്വൂറും എനും നം ആന്മാവിലിരുന്ന് നാം അവരിൽ ഊതി അവരെയും അവർ മുതൽവരെയും അഖിലത്താർക്ക് ഓർ അത്താക്ഷിയാ ആക്കിനോ നിശ്ചയമാങ്ങൾ ഉമ്മ സമുദായം വേറ്റമ ഏതു മില്ല ഒരേ സമുദായം താൻ മേലും നാനേ ഉൾപ്പു ആകയാൽ എന്നെയേ നിങ്ങൾ വണങ്ങുണ്ടോ ആനാ ഇന്ത്യ സന്തതിയർ തങ്ങളിൽ മാര്ക്കാര്യത്തിൽ പിളവുണ്ട് പല പ്രിമുകള പോയിന് ആനാൽ ഇറിയിൽ ഇവർ യാവും നമ്മുടെ മീളവുകള നല്ല അമലുകളോ അവരുടെ മുഖി വീണായിടാ നിശ്ചയമാ നമേ അതെ അവരുക്കാർ പതിവ് ചെയ്തു വയ്ക്കുന്ന അഴിത്തുവിട്ടോമോ നിലകുക്ക് മീന്തും തുമ്പ മാറ്റാജൂജ് മാജൂജ് കൂട്ടത്താരു വഴിതറക്കപ്പെടും അവർ ഒര് മേട്ടിലന്നും ഇറങ്ങി പരവ് ഇറതി നാളെ പറ്റിയ ഉംയാണ് വാക്ക് നെടുങ്ങിനാൽ അതെ കാണും കാപ്രളി കണികൾ തറന്നപടിയേ നിലെ കുത്തി നോക്കും അന്റിയും അവർ എങ്ങനെ നിശ്ചയമാവേറ്റില്ല അനുയായം നിശ്ചയമാൻ്റെ വണങ്ങിയവയും നരകത്തു വരകുളങ്ങൾക്ക് വന്ന് ചേർപ്പവുകളേ അവൈവങ്ങളായി നരകത്തു വന്ന് സേർന്നെക്കുന്ന വണങ്ങിൽ തള്ളപ്പെട്ട് അതിൽ എന്തെങ്കിലും തങ്കിവിടുവർ അന് നരകത്തിൽ അഴുകയും കൂക്കുറലും താ ഉണ്ട് ഒരു അഴുകെലായി കേട്ട മാറ്റി നിശ്ചയമാവു നമ്മുടെ മറണ പേറ്റ അഴകിയ നന്മ മുൻസോ അവർ അന് നരകത്തില നരകൻ കൂച്ചല ക ഇൻപത്തിലേയേ അവർ എന്തെങ്കിലും നിലത്തിരുപ്പിൽപ്പെടും പെരും അവർ വരുത്താറ് മലക്ക് അവക്കളിക്കപ്പെട്ട ഇത് കൂടുവർ എഴുതപ്പെട്ടപ്പോൾ വാനത്തെ നാം സുരുട്ടിവിടും അതേ നബിയേ നിലവൂട്ട മുതലിൽ പടപ്പകളെ പടത്തതുപോലെ അനാളിൽ അതിനെ മീറ്റ്വോ ഇത് നമ്മീത് ആകും നിശ്ചയമാറ്റി നിലവൂട്ടിയ്ചയകാല എനുടേ നല്ലടിയാൽ വാരീസാ അടവാരോ വണങ്ങും മക്കൾക്ക് ഇതിൽ ഇറാനിൽ നിശ്ചയമാൽക്കബിയേ അഖിലത്താർക്ക് എല്ലാം അറമത്താ ഓർ അരുടെ അതി അനുഭവിക്കപ്പെട്ടതെല്ലാം ഉൾ നായൻ ഒരേ നായംതാ എന്നത് ആകെ നിങ്ങൾ അവനുക്ക് വഴിപെട്ട് നടപ്പീകളാ എന്ന് നബിയെ കീറ ആ എല്ലോക്കും സമമാ അറിയിത്തുവിട്ടേ ഇന്നും ഉണ്ടു വാക്കിക്കപ്പെട്ട വേദനയാണ് സമീപത്തിൽ അല്ലെങ്കിൽ ദൂരത്തിൽ അറിയമായും അറിയപ്പെട്ട മറത്ത് വെപ്പിച്ചു വേദന ചെയ്യാതെ പ്പെടുത്തി ഒരു കുറിപ്പിട്ടം വരെ സുഖമാറു വിട്ട് വയ്പ്പത് ഉദിപ്പതാ എന്ന് നാ അറിയമാൻ നബിയേർ കൂറും സത്യത്തെ കൊണ്ട് നീ തീർപ്പളിപ്പായാ ഇന്നും എങ്ങനെയു രുപവൻ അതാവത് കാപി പൊയ്യാ വർണ്ണിപ്പതരായ അവരിടമേ ഉദവി നേടുകോം എന്ന് അവർ കൂടിയാണ്